ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അള്ളാഹുസുബാനഹു വയല തന്റെ ദൂതന് നൽകിയ യുദ്ധമുതൽ അള്ളാഹു സുബഹാനഹു വയലക്കും ദൂതനും കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും ദരിദ്രർക്കും വഴിപോക്കർക്കും ഉള്ളതാണ് നിങ്ങളുടെ ഇടയിലെ സമ്പന്നർക്കിടയിൽ മാത്രം അത് ചുറ്റിക്കറങ്ങാതിരിക്കാൻ വേണ്ടിയാണത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക അദ്ദേഹം നിങ്ങളെ വിലക്കിയത് നിങ്ങൾ വർജിക്കുക നിങ്ങൾ അള്ളാഹു സുബെഹാനഹുവ തയാലായെ ഭയപ്പെടുവിൻ തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവ തയാല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്